ഫിർആൻറെ ആളുകളുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും അവസ്ഥ പോലെയാണത് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു അതിനാൽ അല്ലാഹുസുബഹാനഹുവറ്റ ആല അവരുടെ പാപങ്ങൾക്കവർക്ക് ശിക്ഷ നൽകി അള്ളാഹുസുബഹാനഹൂവറ്റ ആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു